ചെന്ന് ആലിംഗനം ചെയ്തു അവരുടെ ക്രൂരത ഈ സ്നേഹത്തിന്റെ വെള്ളത്തില് അലിഞ്ഞുപോയി ദ്വേഷമില്ലെന്ന് മാത്രമല്ല മൈത്രിഭാവം ഒരു പോസിറ്റീവാണ് ദ്വേഷമില്ല ഒരു സൈഡ് അദ്വേഷ്ടർവഭൂതാന മൈത്ര നമുക്ക് കൂട്ടുകാരെവിടെയുണ്ട് ലോകത്തിൽ മുഴുവൻ നമുക്ക് കൂട്ടുകാരാണ് ഭഗവാൻ ശ്രീരാമന് കൂട്ടുകാരെവിടെയൊക്കെ കിട്ടി കൊരങ്ങന്മാരൊക്കെ കൂട്ടുകാരായിട്ട് തീർന്നു അല്ലേ വാനരന്മാരൊക്കെ കൂട്ടുകാരായിട്ട് തീർന്നു കാട്ടിൽ ചെന്നപ്പം സുഗ്രീമൻ കൂട്ടുകാരനായിട്ട് തീർന്നു ഹനുമാൻ വാനരന്മാര് കാട്ടില് കടത്തുകടത്തിവിടുന്ന ഗുഹൻ ആലിംഗനം ചെയ്തു ഗുഹനെ നീ ഞാനും സഹോദരന്മാരാടന്നു ഗുഹൻ കൂട്ടുകാരനായിട്ട് തീർന്നു നിഷാദനായ ഗുഹൻ മിത്രഭാവേന സമ്പ്രാപ്തം ന്യജേയം കഥഞ്ചന ദോഷോ യപി തയ്യ സാത് സതാമേതർഹിതം രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് വിഭീഷണ ശരണാഗതി വിഭീഷണൻ എല്ലാം വിട്ട് രാമൻ സ്വീകരിക്കുവോ എന്ന് വിഭീഷണൻ അറിയില്ല എന്നിട്ടും രാവണന്റെ രാജധാനിയില് താൻ പറയേണ്ട ധർമ്മമൊക്കെ എടുത്തു പറഞ്ഞു സീതയെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഇനി തനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല താൻ പറയുന്നത് ആരും കേൾക്കണില്ല എന്നുള്ളൊരു സന്ദർഭം വന്നപ്പോ അവിടുന്ന് വിഭീഷണൻ മറ്റൊരു മൂന്ന് അസുരന്മാരും രാക്ഷസന്മാരുമായിട്ട് പുറപ്പെട്ടു വന്ന് കടല് കടന്ന് ഇക്കരയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് രാമനെ കാണണം വാനരന്മാരൊക്കെ കൂടെ മീറ്റിംഗ് ആണ് ഇവനെവിടെ കൊട്ടണം എന്നാണ് തലയിൽ ഇടിക്കണോ മുതുകത്തിടിക്കണോ വയറ്റത്തിടിക്കണോ കെട്ടിത്തൂക്കണോ രാമനെ ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ടുവന്നു രാമൻ ഓരോരുത്തരോടായ അഭിപ്രായം ചോദിക്കുക ഇവിടെ എന്ത് ചെയ്യണം ആദ്യമേ പറഞ്ഞു എല്ലാരും കൂടെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി വർഗ്ഗന്മാരോ ഞങ്ങൾ ആരെയും കിട്ടാതിരിക്കുകയാണപ്പോ വേറെ ഒരാൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് നല്ലവണ്ണം ചോദ്യം ചെയ്യാം ചെയ്യാത്തവൻ പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോളിയും ചിലർ ചോദ്യം ചെയ്താം അങ്ങനെ ചോദ്യം ചെയ്യാമോ സുഗ്രീവന്റെ അടുത്ത് ചോദിച്ചു ഭഗവാൻ ഹനുമാന്റെ അടുത്ത് ചോദിച്ചപ്പോ ഹനുമാൻ ഇവനെ ഒരു ചോദ്യം ചെയ്യലും കൂടാതെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ മുഖം നോക്കി അറിയാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ മതി ധാരാളം അതാണ് ഹനുമാന്റെ അഭിപ്രായം സുഗ്രീവനോട് ചോദിച്ചു സ്വീകരിക്കണോ വിഭീഷണനെ സുഗ്രീവൻ പറഞ്ഞു അരുത് ഭഗവാനെ സ്വീകരിക്കരുത് എന്താ പോ പെട്ടെന്ന് അങ്ങോട്ട് വേണ്ട എന്ന് പറയണ അല്ല യുദ്ധം വരണോ യുദ്ധസന്ദർഭത്തിൽ പെട്ടെന്ന് സ്വന്തം ജ്യേഷ്ഠനെ ഒറ്റിക്കൊടുക്കാനായി ഒരാൾ ഇവിടെ വന്ന് ശരണാഗതി ചെയ്താൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കും ആര് കണ്ടു എന്ത് ഉദ്ദേശത്തോടെ വന്നിരിക്കണോ ആവോ ഇനിയിപ്പോ ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിലും ഏട്ടനെ പോലും വിട്ടുകൊടുത്തിട്ട് വരുന്ന ഒരാളെ നമ്മളെങ്ങനെ വിശ്വസിക്കും ഭഗവാൻ ഒന്ന് ലക്ഷ്മണനെ നോക്കിയിട്ട് ഈശത് ഉത്സ്മയമാനഹ എന്താ കാര്യം എന്നുവെച്ചാൽ താൻ ചെയ്തതൊക്കെ സാധാരണ ആളുകൾ മറന്നുപോയി അതാണ് ആളുകളുടെ സ്വഭാവം സുഗ്രീവനും ചെയ്തത് ഇതൊക്കെ തന്നെയാണ് ഏട്ടനെ കൊല്ലിപ്പിച്ച ആളാണ് എന്നിട്ടിപ്പോ പറയാണ് വേറെ ഒരാളുടെ അടുത്ത് അതേ കുറ്റം ആരോപിക്കുകയാണ് സുഗ്രീവൻ ഇത്തിരി ഭഗവാൻ ചിരിച്ചപ്പോ ഇത്തിരി മനസ്സിലായി സർവേ ഭ്രാതരസ്താത്ത് ഭരതോപമാദ്വിധാവാ പിത്രാഹ സുഹൃദി നർവേ ഭ്രാതരസ്താത്ത് ഭരതോപമാ എല്ലാ സഹോദരന്മാരും എന്റെ ഭരതനെ പോലെ ഉണ്ടാവില്ല എന്നാണ് അത്രയധികം ഭ്രാതൃസ്നേഹ എന്നിട്ട് പറഞ്ഞു എന്നെ പോലെ മക്കളും ഉണ്ടാവില്ല എന്നാണ് പറയുമ്പോഴേക്കും കാട്ടിലേക്ക് പോകാനൊന്നും ആരും ഇനി ജനിക്കാൻ പോണില്ല കഴിഞ്ഞു അതിന്റെ പ്രൊഡക്ഷൻ അപ്പോഴേ അവസാനിപ്പിച്ചു ഇനി അതുപോലൊരു പുത്രൻ ഉണ്ടാവില്ല എന്നാണ് അപ്പൊ സുഗ്രീവൻ ഇത്തിരി വിഷമായി അപ്പൊ പറഞ്ഞു സുഹൃദശ ഭവത്വിധ തന്നെ പോലെ സുഹൃത്തുക്കളും ഇനി ഉണ്ടാവില്ല ഇത്തിരി സ്വാമി അപ്പോ ഈ നടക്കുമ്പോൾ വേറെ ഒരു ഇതിനൊരു ഉപോത്ബലമായ മറ്റൊരു കഥയുണ്ട് രാമാനുജാചാര്യർ അവർക്ക് ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ ഈ കഥയാണ് അവർക്ക് ഏറ്റവും പ്രധാനം ഈ കഥ രാമാനുജൻ പറയുമ്പോ സഭയിലിരിക്കണ ഒരു ഭക്തൻ എഴുന്നേറ്റു അത്രേ പുറപ്പെടുക പുറത്തേക്ക് എവിടേക്കാ പോണെന്ന് ചോദിച്ചു രാമാനുജൻ സത്സംഗത്തിന്റെ നടുവിൽ എഴുന്നേക്കില്ല എവിടേക്കാ എഴുന്നേക്കണമെന്ന് വെച്ചോ ഞാനില്ല ഇനി ഇവിടെ കഥ കേൾക്കാനായിട്ട് എന്താ കാര്യം അല്ല വിഭീഷണന് ഭഗവാൻ തന്നെ സ്വീകരിക്കോ സ്വീകരിക്കില്ലയോ എന്ന് അറിയില്ല എല്ലാം കൽപ്പിച്ച് രാഘവം ശരണം ഗതാ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന വിഭീഷണന്റെ കാര്യത്തിൽ ശ്രീരാമൻ ഇത്രയധികം നിയമവും വകുപ്പും ചർച്ച ഒക്കെ ആണെങ്കിൽ നമ്മളുടെ കേസ് എടുക്കാനേ ഇല്ലാതെ നമ്മൾ പോവാണ് അപരാമാനിത്യം പറഞ്ഞത്ര ഇരിക്കൂന്ന് എന്താ അത്ര ഉറപ്പോട് പറഞ്ഞു ഇരിക്കൂ എന്ന് ഞാൻ പറയാ ഇരിക്കൂ എന്താ അത്ര ഉറപ്പെന്ന് ഉറപ്പെന്താന്ന് വെച്ചാൽ വിഭീഷണന്റെ കാര്യത്തിലേ ഭഗവാൻ ചർച്ച ചെയ്തുള്ളൂ അതേഞ്ഞ് തീരുമാനിച്ച് വിഭീഷണനെ കൂട്ടുകയും ചെയ്തു കൂട്ടത്തില് കൂട്ടി എന്ന് മാത്രമല്ല അപ്പത്തന്നെ ആ പട്ടാഭിഷേകവും ചെയ്യിപ്പിച്ചു യുദ്ധത്തിന് മുമ്പ് തന്നെ വിഭീഷണന്റെ പുറകെ ഒരു മൂന്ന് അസുരന്മാരുണ്ടായിരുന്നു രാക്ഷസന്മാരുണ്ടായിരുന്നു അവരെക്കുറിച്ച് ചർച്ചയെ വന്നില്ല വിഭീഷണനെ എടുത്തപ്പോ കൂട്ടത്തിൽ അവരൊക്കെ പോന്നു ഉള്ളിലേക്ക് അതുപോലെ ഭഗവാന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോഴേ ഈ വിഷമമൊക്കെ ഉള്ളൂ ഭാഗവത സംഘത്തിൽ പോകുമ്പോ ഈ ചോദ്യമൊന്നുമില്ല കൂട്ടത്തൂടെ പോകുന്ന അതുകൊണ്ട് ഇരിക്കൂ എന്നാണ് എന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞത് മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയും കഥഞ്ചന എന്തൊക്കെ ദോഷമുണ്ടാവട്ടെ ഒരു മിത്രത്തിനും ഒരു മിത്രത്തിനോട് മിത്രത്തിനും ഒരു സുഹൃത്തിന് എന്തൊക്കെ തന്നെ ദോഷം ഉണ്ടാവട്ടെ ഞാൻ ഉപേക്ഷിക്കില്ല ദോഷോ യദ്യപി ദോഷം പാർക്ക ഇല്ലാത്തത് രമണ ഭഗവാന്റെ കാലത്തിലെ രമണാശ്രമത്തിലെ ഒരു പണിക്കാരൻ കൂലിപ്പണിക്കാരൻ ആശ്രമത്തിലെ പണി ചെയ്യുന്ന ഒരാള് എന്തോ ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ചെയ്തു അശ്ലീലമായ എന്തോ കാര്യം ചെയ്തു നാട്ടുകാരൊക്കെ കൂടെ അയാളെ തല്ലാൻ പോയി പഠിപ്പും അറിവില്ലാത്ത ഒരു കൂലിപ്പണിക്കാരനാണ് അയാളെ നാടുവിട്ട് ഓടിയും പോയി കുറെ കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് ആശ്രമത്തിൽ വന്നപ്പോ ആശ്രമത്തിലേ കടത്തില്ല എന്ന് പറഞ്ഞു ആളുകൾ ഇയാൾ നേരെ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭഗവാനീ എനിക്ക് അഭയം തരണം വയറ്റുപഴുപ്പ് മുട്ടിപ്പോവും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എന്തെങ്കിലും പണി തരണം എനിക്ക് നാട്ടിൽ മുഴുവൻ ഇവന്റെ പേരു ദൂഷ്യാണ് ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഇവിടെ തന്നെ മഹർഷിയുടെ ഹാളിൽ തന്നെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ തന്നെ നിർത്തി അവനെ അതൊക്കെ വളരെ റേ ഇൻസിഡന്റാണ് അങ്ങനെ ഒന്നും മുൻകൈയ്യെടുത്ത് ചെയ്യില്ല ചെയ്തു അപ്പൊ ഈ വരുണ ഭക്തന്മാർക്കൊക്കെ ഒരേ മുഖൊക്കെ പ്ലാനായി ഒന്നും ഒരാളും മിണ്ടില്ല അവനെ ഒരുമാതിരി നോക്കണൂ എല്ലാം കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഒരു വക്കീലിനടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു വക്കീലൊരു ഭക്തനുണ്ട് അയാളുടെ അടുത്ത് പറഞ്ഞു ആശ്രമത്തിന് പേരു ദൂഷ്യം വരും ഇവനെവിടെ നിർത്തിയാൽ നമുക്ക് ഈ പേര് ആണല്ലോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തണം അപ്പൊ ഈ പേര് ദൂഷ്യം വരും അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ പുറത്താക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാന്റെ അടുത്ത് പറയണം ധൈര്യമായിട്ട് ഇവർക്ക് ആർക്കും മുൻ മുൻവന്ന് പറയാൻ ധൈര്യമില്ല ഈ വക്കീല് സമയം നോക്കി ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞു ഭഗവാനെ ഇവൻ വളരെ അശ്ലീലമായ കാര്യം ചെയ്ത് അടിവാങ്ങിയ ആളാണ് ഇവനിവിടെ നിർത്താൻ പാടില്ല എല്ലാ ഭക്തന്മാരുടെയും അഭിപ്രായമാണ് ഓ എല്ലാവരുടെയും അഭിപ്രായമാണോ അത് അവന്റെ പേര് രാമകൃഷ്ണൻ പേര് ആ ഭക്തനെ ആ ജോലിക്കാരനെ നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു ഡേ രാമകൃഷ്ണ നീ അഷട് നീ ഒരു വിഡി നീ ചെയ്തത് ഇവ എല്ലാം പണിയാം അവള രൊമ്പ മറച്ചു വെച്ചിട്ടുട്ട നീ പണ്ണിനതെല്ലാം എല്ലാവരും പണിയിരിക്കാം എന്താ മാതിരി തപ്പ് എല്ലാരും പണിയിരിക്കാം അവനാ വാഴക്കെല്ലാം നന്നാ മറച്ചിക്ക് തരിഞ്ഞത് ഉണക്ക് മറച്ചിട്ട് തരില്ലേ നീ അഷട് ഇനി ആരെങ്കിലും മിണ്ടുവോ വായു തുറക്കോ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ അവരോട് പറഞ്ഞ പാവം അവന് പഠിപ്പൂല അറിവില്ല പഠിപ്പ് അറിവുള്ളവർ തന്നെ തെറ്റ് ചെയ്യണം അവന് പഠിപ്പും അറിവില്ല അവന് സത്സംഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് നന്നായിക്കോളും അതുകൊണ്ട് അങ്ങനെയുള്ളവനാണോ ഈ ചാൻസ് കൂടുതൽ കൊടുക്കേണ്ടത് അങ്ങനെ സ്ഥലത്തിരുത്തേണ്ടത് അവനെ ഓടിച്ചു വിട്ടിട്ട് കാര്യമില്ല ദോഷോ യദ്യപി തസ്യ ദോഷം ഒരു ദോഷമല്ല നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഇൻസ്പൈറ്റ് ഓഫ് ആണോ ഓരോരുത്തരും ദോഷം ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് ദോഷത്തിനെ കഴുകിക്കളയ എന്ന് പറയുന്നതാണ് തപസ് അതിനെ കഴുകിക്കളയാനാണ് തപസ് നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ പാക്കനാരുടെ ഒരു കഥയുണ്ട് പാക്കനാർ ഒരു ദിവസം വല്ലാതെ വിഷംന്നിട്ട് തെരുവിൽ നടക്കുമ്പോ ഒരു പഴക്കച്ചവടക്കാരൻ ധാരാളം പഴം വെച്ചിട്ട് ഇരിക്കണം പാക്കനാർക്ക് വിശപ്പോ ഒരിടത്തും ഭക്ഷണം കിട്ടിയില്ല അപ്പൊ ഉള്ളിലൊരു തോന്നൽ ഈ പഴം ഒന്നെടുത്താലോ കയ്യിൽ കാശില്ല വേണ്ട വിശപ്പ് സഹിക്കാൻ വയ്യ സാരല്ല വിശക്കുമ്പോ ധർമ്മം നോക്കിയിട്ട് കാര്യമില്ല എടുത്താലോ വേണ്ട ആ പഴക്കച്ചവടക്കാരൻ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നിവൃത്തിയില്ലാതായപ്പോ അദ്ദേഹം ഒരു പഴയടുത്ത് തന്നു കച്ചവടക്കാരൻ അവിടുന്ന് വന്നു നാലാളുകളും വന്നു ഇതാ കട്ടു ഇവൻ പറഞ്ഞു നല്ല അടി കൊടുത്തു അടിക്കുമ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് രണ്ടെണ്ണം കൂടെ കൊടുക്കും അപ്പോഴേ പറഞ്ഞതാണ് എടുക്കണ്ട എടുക്കണ്ട കേട്ടില്ല നാലുകൂടെ കൊടുക്കൂ എന്നാണ് നമ്മൾ പല ദൗർബല്യങ്ങളും കൊണ്ടും നമ്മളെ അറിയാതെ നമ്മൾ തെറ്റുകൾ ചെയ്യും അത് വേണ്ട നമുക്ക് സാധിക്കാതെ ദൗർബല്യം കൊണ്ട് ചെയ്തു പോണതാണ് ആരും വേണമെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യണവരല്ല ദൗർബല്യം കൊണ്ടാണ് പക്ഷെ ആ ദൗർബല്യത്തിന് പതുക്ക പതുക്കയെ കഴുകിക്കളയണതാണ് കഴുകിക്കളയണതാണ് തപസ് തപസ്സ പൂത പാപ്മാന ധൂത കൽമശ പതുക്കെ പതുക്കെ അതാണ് ത്യാഗം എന്ന് പറഞ്ഞത്യാ ത്യജിക്കുക അഹങ്കാരത്തിനെ യജിച്ചു നീക്കം ചെയ്യാം പതുക്കെ പതുക്കെ പതുക്കെ അതിനെന്താ വേണ്ട അലേർട്ട്നസ് വിജിലൻസ് ജാഗ്രത ദുഃഖം നമ്മൾ സത്സംഗത്തിൽ അറിഞ്ഞാലും ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഒരു ചാൻസ് കിട്ടിയാൽ ചിലപ്പോ നമ്മൾ വിട്ടു പറയുന്നത് അപ്പോ നമുക്ക് കാണാം നമ്മളെ അറിയാത്ത സ്വാർത്ഥത അങ്ങനെ കൈ പൊക്കിക്കൊണ്ടുവരണം തോന്നുന്നു സ്വാർത്ഥത വരുമ്പോ ആരാണ് ഇയാൾ എനിക്ക് വേണം എനിക്ക് വരണം ആരായി ഞാൻ എനിക്കിത് അനുഭവിക്കണം ആരായി അനുഭവിക്കണം ആ സെന്റർ ഈ ആത്മവിചാരം എന്ന് ഒരു ടെക്നിക്കും മെത്തഡും ഈ പ്ലഷർ സീക്കിംഗ് സെന്റർ ഈ സ്വാർത്ഥതയുടെ ഈ കേന്ദ്രം എനിക്ക് വേണം എന്റെയാണത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോ വിട്ടുനിന്ന് ആ ഡാൻസിന് നോക്കാം ആ ചലനത്തിന് നോക്കാം എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ സമ്മതിക്കില്ല എന്റെയാണത് അങ്ങനെയുണ്ടോ നോക്കട്ടെ നോക്കെ പറയുമ്പോ വിട്ടുനിന്ന് നോക്കാം കാണാം ഈ മനസ്സ് മുഴുവൻ കണ്ടെൻസ്ഡ് ആയിട്ട് ഈ അഹങ്കാരത്തിന്റെ പുറകെ കൂടിയിട്ട് തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ രാവിലെയൊക്കെ പറയണ പോലെ ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയേണ്ടല്ലോ എന്താ അത് അത് പലപ്പോഴും സാധാരണ സ്ഥിതിയിൽ പിടിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ സ്വാർത്ഥത വരുമ്പോൾ അഹങ്കാരം വരുമ്പോൾ ദ്വേഷം വരുമ്പോഴൊക്കെ കാണാം ഈ അഹംവൃത്തി പ്രബലമായി സ്ഫുരിക്കണത് അപ്പോഴാണ് അതിൻ്റെ മൂലാന്വേഷണം ചെയ്യേണ്ടത് എവിടുന്ന് പൊന്തുണു എന്താണ് എന്താണ് ജാഗ്രതയായി സാക്ഷിഭാവത്തിൽ അതിനെ നോക്കിക്കൊണ്ട് അപ്പൊ വേണം ത്യാഗം ചെയ്യാൻ അതിനെതിരായി പ്രവർത്തിക്കാൻ നമുക്കിഷ്ടമാണ് എന്നിട്ടും കൊടുക്കുന്നു നമുക്ക് വേണം തോന്നുമ്പോ വേണ്ട വയ്ക്കാം ഇതാണ് തപസ് ഇതിന് നമുക്കൊരു അന്തർമുഖത വേണം ആ അന്തർമുഖതയാണ് ഇന്റലിജൻസ് ആ ഇന്റലിജൻസ് ഉണ്ടാക്കാനാണ് നമ്മൾ നാമം ജപിക്കുന്നതും ധ്യാനം ചെയ്യുന്നതും നമ്മുടെ സ്വാർത്ഥതയെ യജിക്കാനാണ് ആത്മനിവേദനം ചെയ്യാനും അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര ആ മൈത്രിഭാവം ഒരാൾക്ക് സ്വാർത്ഥതയില്ലെങ്കിൽ ബാന്ധവാഹ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം എവിടെ പോയാലും നമുക്ക് മിത്രമാണ് ആരും ആരുമാണെങ്കിൽ നമുക്ക് ചെയ്യും സ്വാർത്ഥതയോടെ ഇരിക്കുന്നവനെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഭാര്യയും ഭർത്താവും മക്കളും കൈവിട്ടിട്ട് തെരുവിലും ഓൾഡ് ഏജ് ഹോമിലും കിടക്കണോ നാല് മക്കളുണ്ട് നോക്കാൻ ആരുമില്ല ഇഷ്ടം പോലെ പണമുണ്ട് രണ്ട് കാറുണ്ട് ഒരാളെന്നെ കാണാമെന്നിരുന്നു കുറച്ചു ദിവസം മുമ്പ് നാല് മക്കളുണ്ട് രണ്ട് കാറുണ്ട് ഓടിക്കാൻ ഡ്രൈവറില്ല വയസ്സ് തൊണ്ണൂറായി ബംഗ്ലാവുണ്ട് നോക്കാൻ ആളില്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുന്നു എന്താ എല്ലാ സൗകര്യവും നമ്മൾ പറയണതൊക്കെ നമ്മളെ ആളുകൾ പലപ്പോഴും കല്യാണം കഴിക്കുന്നതിന് ഒരു ന്യായീകരണം പറയണം എന്താന്ന് വെച്ചാൽ വയസ്സ് കാലത്ത് നമ്മളെ ആര് നോക്കുമെന്നാണ് കല്യാണം കഴിക്കുന്നത് വയസ്സ് കാലത്ത് നോക്കാനാണ് അവരെ നമ്മൾ നോക്കേണ്ടി വരില്ല എന്ന് കണ്ടു എപ്പോ നമ്മളല്ല നമ്മളെ നോക്കണതെന്ന് അറിയണോ എപ്പോ നമ്മളുടെ സ്വാർത്ഥത നിശേഷം പോണോ ലോകം മുഴുവൻ നമ്മളെ നോക്കിക്കോളൂ ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കോളും പ്രകൃതി മുഴുവൻ നമ്മൾ സംരക്ഷിച്ചു ആരുമാണി സംരക്ഷിക്കും ബുദ്ധൻ ഒരിക്കൽ ഭിക്ഷുക്കൾ ബുദ്ധനാണ് ആദ്യമായി ലോകത്തിലെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ ആള് ആദ്യമായി ഓർഗനൈസേഷന്റെ പരാജയം കണ്ടതും അദ്ദേഹമാണ് അദ്ദേഹം ഉണ്ടാക്കിയ കാലത്ത് പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ അവാർദ്ധക്യ ഭിക്ഷുക്കളൊക്കെ കൂടെ പരസ്പരം തല്ലുകൂടുന്നത് കണ്ടിട്ട് പല അഭിപ്രായങ്ങളും പറയണത് കണ്ടിട്ട് വെറുത്തിട്ട് കാട്ടിൽ പോയിരുന്നു അപ്പോ ബുദ്ധന്റെ അടുത്ത ശിഷ്യന്മാരായ ആനന്ദൻ അവർക്കൊക്കെ വളരെ വിഷമം ബുദ്ധനെ ആര് നോക്കും ബുദ്ധ ഭഗവാനെ ആര് നോക്കും ഞങ്ങളല്ലേ ഞാനല്ലേ അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ വേണ്ടി വിരിച്ചു കൊടുക്കണതും രാവിലെ ചൂടുവെള്ളം ഇട്ട് കൊടുക്കണതും തണുപ്പില് ഒക്കെ ഞാൻ ചെയ്യണതല്ലേ ബുദ്ധൻ കാട്ടിൽ പോയിരുന്നപ്പോ ബുദ്ധനെ പോലെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാന പാരിലേക വനം എന്നാണ് ആ പാരിലേക വനത്തിൽ പാരിലേകം എന്ന് പറയുന്ന ആന ആ ആനയ്ക്കും പാരിലേകം തന്നെ പേര് ആ ആനയും കൂട്ടുകിട്ടാതെ നടക്കായിരുന്നു അത്രേ ആ ആന കണ്ടുതാ തന്നെ പോലെ ഒരു വ്യത്യാഹൻ വരണമെന്നാണ് ബുദ്ധന് മരത്തിന്റെ ചോട്ടിൽ വന്നിരുന്നപ്പോ ആ ആന ആ മരത്തിന് ചുറ്റുമുള്ള മണ്ണൊക്കെ ഒരു കൊമ്പ് പൊടിച്ച് പൊട്ടിച്ചെടുത്ത് നല്ലവണ്ണം അടിച്ചു തെളിച്ച് വൃത്തിയാക്കി പല ഫലങ്ങളും വരച്ചുകൊണ്ടുവന്ന് ബുദ്ധന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു ആന സേവ ചെയ്യണത് കണ്ടപ്പോ ഒരു കുരങ്ങിനെ ആർത്തി സഹിച്ചില്ല അത്രേ ആ കൊരങ്ങൻ കുറെ പഴം പറിച്ചുകൊണ്ടുവന്ന് ബുദ്ധന്റെ മുമ്പിൽ വെച്ചു അതിലൊരു പഴം എടുത്ത് ബുദ്ധൻ കടിച്ചു നോക്കിയപ്പോ നല്ല കൈപ്പ് മുഖം ഇത്തിരി ചുളിഞ്ഞു കൊരങ്ങിന് കരച്ചിൽ വന്നു അത്ര കൊരങ്ങൻ പോയി മരത്ത് ചാടിയിട്ട് മധുരമായ ചില ഫലങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധന് കൊടുത്ത് ബുദ്ധൻ അതെടുത്ത് മധുരമായ ഫലം വായിലിട്ടു എന്ന് കണ്ടോടനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മരത്തിന്റെ മേലെ കയറി കുട്ടിക്കരണം പറഞ്ഞ് ഒക്കെ ചെയ്തു കുറങ്ങൻ ഈ പാലിലേകൻ രാത്രി മുഴുവൻ ബുദ്ധന് കാവലായിട്ട് നിൽക്കും നേരം വിളിച്ചായപ്പോ നല്ല തണുപ്പ് കാട്ടില് കാട്ട് തീ കൊണ്ട് അവിടെ ഇവിടെ തീയുണ്ട് ആ തീ രണ്ടു കൊമ്പില് കൊണ്ടുവന്നിട്ട് കുറെ കൊമ്പുകൾ കൂട്ടി തീയിട്ടിട്ട് ആ തീയില് ഒരു കഷ്ണം കല്ല് ഒരു കല്ലിനെ അതിൽ ആ കല്ല് കുറെ നേരം കഴിഞ്ഞപ്പോ നല്ല വണ്ണം ചൂട് പിടിച്ചപ്പോ ചെറിയ പാറയെടുക്കിലുള്ള വെള്ളത്തിൽ കൊണ്ടുവന്ന ആ കല്ലിനെ തട്ടിയിട്ടു അത്ര യാന കുറെ കഴിയുമ്പോ ആ വെള്ളം ചൂടായി എന്നിട്ട് ബുദ്ധന്റെ ഭിക്ഷാപാത്രം തുമ്പിക്കയിലെടുത്തുകൊണ്ട് നടന്നു ചുടുവള്ളക്കിയിട്ടുണ്ടെന്നാണ് തണുപ്പത്ത് ഭിക്ഷെടുക്കാൻ മുമ്പ് കൂടെ പോവാത്രേ അവസാനം ഈ ഭിക്ഷുക്കളൊക്കെ ബുദ്ധനെ അന്വേഷിച്ച് കാട്ടിൽ വരുമ്പോ അവർ കാണുന്നു ഒരു കുറവുമില്ല ഞങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോ ഒരു കുറവില്ല ഞങ്ങളാണ് സേവ ചെയ്യണത് ഒക്കെ ചെയ്യണതെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങോട് മാറി നിന്നപ്പോണ്ട പ്രകൃതി ജീവികളൊക്കെ വന്ന് സേവ ചെയ്യാം യോഗക്ഷേമം മഹാമ്യഹം യോഗക്ഷേമം മഹാമ്യഹം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും അന്തരിയാമിയായിരുന്നു കൊണ്ട് ഭഗവാൻ ചെയ്തു കൊടുക്കാം ആരുമാണീ ചെയ്തു കൊടുക്കും ആര് വേണമെങ്കിൽ നോക്കും പ്രകൃതി മുഴുവൻ നോക്കും അപ്പോ നമുക്കൊരു ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ പോയാലും കിട്ടും അദ്വേഷ്ട സർവഭൂതാണ് മൈത്ര ഈ മൈത്രിഭാവം എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഒരു കഥ ഓർമ്മ വരും ആ കഥ ഉപേക്ഷിക്കാൻ പറ്റില്ല സ്വാമി രാമതീർത്ഥൻ വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം അതേപോലെ പ്രസിദ്ധനാവുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ അന്ന് പ്രകാശിപ്പിച്ചിരുന്നു ഇപ്പോ കിട്ടേണ്ട ഇടക്കാലത്ത് കിട്ടേണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും കിട്ടണ്ടതൊക്കെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇൻ ബൂട്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കുറേ വോള്യൂംസ് രാമതീർത്ഥൻ അദ്ദേഹം ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ പിടിച്ച് നിർബന്ധമായിട്ട് ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ അയച്ചത് അപ്പൊ അമേരിക്കയിലേക്ക് അദ്ദേഹം കപ്പലിലാണ് യാത്ര അപ്പൊ അദ്ദേഹം പൈസ എടുക്കില്ല ആരെയും കൂടെ വരാൻ സമ്മതിക്കില്ല പണമെടുക്കില്ല ചെറിയൊരു ബാഗ് എടുത്തുകൊണ്ട് കപ്പലിൽ നാൽപ്പത് ദിവസത്തെ യാത്രയാണ് ഇന്നത്തെ പോലെ ഫ്ലൈറ്റിൽ പോവാൻ പറ്റില്ല അപ്പൊ പണമെടുക്കാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഡിവോട്ടീസ് ഭക്തന്മാരൊക്കെ പറഞ്ഞു നമ്മുടെ നാട് പോലെ അവിടെ ഭിക്ഷ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും കൊണ്ടുപോകണം അദ്ദേഹം പറഞ്ഞു എന്നെ ഏത് ഭഗവാനാണോ അയക്കുന്നത് ആ ഭഗവാന്റെ ചുമതലയാണ് എന്നെ നോക്കേണ്ടത് ആര് നോക്കും അവിടെ അത് ആരെങ്കിലുമൊക്കെ വരും അവിടെ ചെന്നിട്ട് ഒന്ന് നോക്കണം ഒരു പരിചയമില്ലാത്ത സ്ഥലം എവിടേക്കാ പോണതെന്ന് അറിയില്ല ഒന്നും ഏർപ്പാടാക്കി വെച്ചിട്ടൊന്നുമില്ല പോയത് ഇപ്പോ ഒക്കെ ഫോറിൻ ടൂറ് പോകുമ്പോ നേരത്തെ തന്നെ എല്ലാം ഏർപ്പാടാക്കി വെക്കും ടിക്കറ്റ് മാത്രമല്ല അവിടെ എത്തിയാൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ മുമ്പ് ഏർപ്പാടാക്കി വെക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഒന്നും ഏർപ്പാടാക്കി വെക്കാതെയാണ് പോണത്തെ കപ്പലില് അതും കൂടെയുള്ള ആള് പറഞ്ഞു അയച്ചു തിരിച്ചു പറഞ്ഞു അയച്ചു അവിടെ എത്തിയിട്ട് ഇറങ്ങേണ്ട സ്ഥലം വന്നപ്പോ നാൽപ്പത് ദിവസത്തെ യാത്ര ആഹാരത്തിന് മാത്രം ഏർപ്പാട് ചെയ്തിരുന്നു കപ്പലില് ഇറങ്ങേണ്ട സ്ഥലമായപ്പോ ഇദ്ദേഹത്തിന് യാതൊരു ഇറങ്ങാൻ എവിടെ പോവാനാ പോവാൻ ലക്ഷ്യമൊന്നുമില്ല ആ ഡെക്കല് നിൽക്കുകയാണ് കയ്യിൽ ചെറിയൊരു ബാഗുണ്ട് എല്ലാരും ഇറങ്ങിക്കഴിഞ്ഞു അൺലോഡിംഗ് ആയിക്കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോ ഒരാൾ കയറി വന്നു ഒരു സായിപ്പ് കയറി വന്നു കയറി ചോദിച്ചു ഇദ്ദേഹത്തിനെ കണ്ടപ്പോ എന്തോ ആകർഷണം എന്നിട്ട് ചോദിച്ചു ഇവിടെ ഇറങ്ങാൻ പോവാണോ അതെ Don't you have any luggage? No, Rama never carries anything Rama carries what he wants No, Rama never carries money That's why he says, don't worry Are you going to get down here? Are you going to get down here? That's it Then you can see that നിങ്ങൾക്ക് കൂട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ യെസ് ആരാണ് യു ആർ എന്ന് പറഞ്ഞിട്ട് അയാളെ തട്ടി പിന്നെ രാമതീർത്ഥൻ തിരിച്ചു വരണവരെ നോക്കിയതും വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തതും ഒക്കെ ദേഹാണ് രണ്ടു വർഷത്തോളം മിത്രഭാവേ മൈത്രിഭാവം ആ ധൈര്യം എവിടെ വരുന്നു എല്ലായിടത്തും മനുഷ്യനൊന്നാണെന്ന് അരടുന്നുണ്ടാകും അമേരിക്കയില് മുഴുവൻ പരിവ്രാജക പോലെ നടന്ന ഒരു സ്ത്രീ പീസ് പെലിഗ്രിം എന്ന് പറയുന്ന സ്ത്രീ അടുത്ത കാലത്തുണ്ടായിരുന്നതാണ് നമ്മളുടെ നാട്ടിലെങ്കിലും സന്യാസികൾ അങ്ങനെ നടന്നാൽ ആളുകൾ മനസ്സിലാക്കും കുറേയൊക്കെ പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള സംസ്കാരമില്ലാത്ത ഒരു നാടാണ് ആ നാട്ടില് ഇരുപത്തയ്യായിരം മയിലോ മറ്റോ ആ അമ്മ നടന്നുണ്ട് ബാഗില്ല പാൻഡ് പാക്കറ്റില് അടുത്ത നേരത്തേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നാട് മുഴുവൻ നടന്നിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച ആഹാരം കൊടുക്കും നമ്മളുടെ നാട്ടിലാണെങ്കിൽ ആ സംസ്കാരമുള്ളതുകൊണ്ട് നടക്കണമെന്ന് പറയാം നമുക്ക് അങ്ങനെ അല്ലാത്ത നാട്ടിലും അവരെ ആർക്കും ദ്രോഹിക്കാൻ പറ്റില്ല ചെറുപ്പ നടക്കാൻ തുടങ്ങിയതാ യൗവനത്തിൽ ഒരു ഒരു സ്ഥലത്ത് കിടക്കാൻ സ്ഥലമൊന്നുമില്ല നല്ല തണുപ്പ് ഈ ഇതാണ് കാറ്റടിക്ക മണലൊക്കെ ഹിൽ സ്റ്റോൺ കല്ല് ഐസ് മഴ പെയ്യ ഇതൊക്കെയായിട്ട് എവിടെയാ കിടക്കാന്നു അപ്പൊ ഒരു കാറ് നിൽക്കുന്നുണ്ട് അപ്പൊ അവര് ആ ഡ്രൈവർ കാർ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു ഞാൻ ഉള്ളിൽ കയറി കിടന്നോട്ടെ എന്ന് ചോദിച്ചു അയാളെ പറഞ്ഞു കടന്നു കൊടുക്കുന്നു വാതിൽ തുറന്നു കൊടുത്തു വാതിലടയ്ക്കുകയും ചെയ്തു ഇവര് സുഖമായിട്ട് അതിനകത്ത് കയറി കിടന്നുറങ്ങി നേരം വിളിച്ചായപ്പോ ആ ഡ്രൈവർ വന്നിട്ട് ഈ സ്ത്രീയെ വീണ് നമസ്കരിച്ചു അത്ര നമസ്കരിച്ചിട്ട് പറഞ്ഞു യു മസ്റ്റ് ബി സെയിൻഡ് നീ ഒരു സാധാരണ സ്ത്രീയല്ല ഞാൻ തന്നെ കാറിൽ കയറി കിടക്കാൻ പറഞ്ഞപ്പോ അത്ര നല്ല ഉദ്ദേശത്തോടുകൂടി ഒന്നുമല്ല തന്നെ സ്ഥലം തന്നത് പക്ഷെ രാത്രി മുഴുവൻ എനിക്ക് കാറിന്റെ അടുത്തു പോലും വരാൻ സാധിച്ചില്ല നമ്മളുടെ അഹന്ത പോയാൽ ഭഗവാൻ നമ്മളെ നോക്കിക്കൊടുക്കും നമ്മൾ അഹന്തയാണോ വിചാരിക്കുന്നത് ഞാനാണ് എന്നെ രക്ഷിക്കണതെന്ന് ഞാൻ കൈവിട്ട കാര്യമൊക്കെ പോവും ആ ഞാനിനെ ഒന്ന് വിട്ടുനോക്കുക സംരക്ഷിക്കുകയോ നോക്കുക ഭഗവാൻ ഭഗവാൻ നോക്കും ഭഗവാനാണ് ഇപ്പോഴും നോക്കുന്നത് പക്ഷെ നമ്മളാണ് നോക്കുന്നത് എന്നുള്ള ഭ്രമം പോയാൽ മതി ട്രെയിനിൽ പോണ ആള് പെട്ടി തലയിൽ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ചുവട്ടിൽ വെച്ചാൽ മതി ട്രെയിന് ചുമന്നോളൂ എന്റെ പെട്ടി ഞാൻ ചുമക്കാൻ തലയിൽ വെച്ചോണ്ടിരിക്കണോ ട്രെയിൻ ചുമന്നോളൂ സകലതും പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞാൽ നമ്മൾ അടങ്ങിക്കൊളും മാത്രമല്ല എല്ലായിടത്തും അതിന്റെ സ്ഫൂർത്തി കാണാം നമുക്ക് എല്ലാവരുടെ ഉള്ളിൽ കൂടെ വിശ്വതശക്ഷുരുത വിശ്വത്തോ മുഖോ വിശ്വത്തോഹസ്തവുത വിശ്വതസ്പാത് സംബാഹുഭ്യം നമതിസമ്പതത്രൈ ദ്യാവാപൃഥി ജനയൻ ദേവയേക ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉഥവാകുമാരീ ത്വം ജീർണോദണ്ഡേന വഞ്ചസി ത്വം ജാതോഭവസി വിശ്വത്തോ മുഖ എല്ലാം ഭഗവാന്റെ സ്വരൂപമാണെന്നും എല്ലാവരുടെ ഉള്ളിലും അന്തരയാമിയായിരുന്നു ഭഗവാനാണ് കണ്ണിലൂടെ നോക്കുന്നത് നമ്മളെ ഭഗവാനാണ് എല്ലാവരുടെ ഉള്ളിലും ഇരുന്ന് നമ്മുടെ അടുത്ത് നമ്മൾ നോക്കണതും നമ്മളോട് ബന്ധപ്പെടുന്നതുമൊക്കെ വിശ്വരൂപ ദർശന യോഗം പറഞ്ഞിട്ടാണല്ലോ അത് പറയണത് വിശ്വം മുഴുവൻ വിശ്വസ്മൈനമഹ സർവവും ആ നാരായണ സ്വരൂപമാണെന്ന് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുന്ന ഭക്തന് പിന്നെ ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല അദ്വേഷ്ടർവഭൂതാനാം മൈത്ര കരുണയേവ കാരുണ്യം ഞ്ഞു കാരുണ്യം ഒരു വ്യക്തിയുടെ അല്ല രണ്ടു ദിവസം മുമ്പ് പുലിയുടെ ഇൻസിഡന്റ് പറഞ്ഞില്ലേ ഒരു പൂച്ച പ്രസവിച്ചു അടിക്കുക ഞാൻ പ്രഭാഷണം നടത്തുമ്പോഴാണ് ഒരു പൂച്ച പ്രസവിച്ചു താമസിക്കുന്ന വീട്ടിൽ എന്നിട്ട് ആ പൂച്ച അടുത്ത വീട്ടിൽ കിണറ്റിൽ വീണ് ഈ കുട്ടി പൂച്ച കുട്ടികള് അതിന് പാല് കൊടുക്കാൻ ആരുമില്ല ആ വീട്ടുകാര് ഇങ്ങനെ മൃഗങ്ങളെ ജന്തുക്കളെയൊക്കെ വളരെ സ്നേഹിക്കണവരാണ് വളരെ വിഷമിച്ചവര് എങ്ങനെ ഇതിന് പാല് കൊടുക്കും ആശ്ചര്യം എന്താന്ന് വെച്ചാൽ വേറൊരു പൂച്ച അവിടെ വന്നിട്ട് അത് ഈ കുട്ടികളെ തന്റെ കുട്ടികളായി കരുതിക്കൊണ്ട് പാല് കൊടുക്കണം അതിന് പാല് വരണു പാല് ചരട്ടാണ് അത് വെറ്റിനറി ഡോക്ടർമാരടുത്തൊക്കെ ചോദിച്ചാൽ സിയോഡോ പ്രഗ്നൻസി എന്നൊരു ഫിനോമിനൻ ഉണ്ട് നമുക്കറിയാത്ത കാര്യം ഒരു പേര് കൊടുക്കലാണ് അറിഞ്ഞിട്ടല്ലേ ഒരു പേര് പറയും അതങ്ങനെ ഒരു പ്രഗ്നൻസി ഒരു ഫിനോമിനൻ ആണ് ഒരു ഒരു പ്രതിഭാസാണ് എന്നുവെച്ചാൽ പ്രഗർഭം വന്ന പോലെ ഉണ്ടാവും പാലൊക്കെ ഓരോരുത്തർ അപ്പൊ ഈ പൂച്ച തള്ള പൂച്ച പോലും ആ കുട്ടികളെ ഇങ്ങനെ നോക്കില്ല അങ്ങനെ നോക്കുകയാണ് ഈ പൂച്ച കുട്ടികളെ അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ ആദ്യമായിട്ട് എനിക്കൊരു ഒരു കാഴ്ച വന്നതാണ് ഈ മാതൃത്വം എന്ന് പറയണത് സ്ത്രീയുടെയല്ല മാതൃത്വം പ്രകൃതിയുടെയാണ് ആ ജഗന്മാതാവ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ പ്രാണിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് അവതരിക്കുകയാണ് സ്നേഹമായിട്ടും ഈ തത്വം അറിയുമെങ്കിൽ ഒരു കുഞ്ഞു ഒരു പ്രസവം നടത്തിയ ഒരു അമ്മയ്ക്ക് വേണമെങ്കിൽ ആ മാതൃത്വത്തിനെ കണ്ടറിഞ്ഞാൽ അവൾ ആത്മസാക്ഷാത്കാരം നേടും ഭഗവാനെ അറിയാം കാരുണ്യം എന്ന് പറയുന്നത് ഒരാള് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല അഹങ്കാരമില്ലാത്തവന് ഭഗവാന്റെ കാരുണ്യം അവന്റെ ഉള്ളിലേക്ക് കടന്നുവരികയാണ് ആവേശിക്കാറ് ഇതൊക്കെ ഈ അദ്വേഷ്ടത്വാദി ഗുണങ്ങളൊക്കെ വ്യക്തിയുടെ ഗുണങ്ങളെയല്ല വ്യക്തിക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്നതല്ല വ്യക്തി അങ്ങോട്ട് മാറിക്കൊടുത്താൽ അതവിടെ ഉണ്ട് കാരുണ്യമുണ്ട് പ്രകൃതിയിലുണ്ട് നമ്മൾ കണ്ടെത്തണം സ്വാർത്ഥതയെ യജിച്ചിട്ട് കണ്ടെത്തണം ത്യജിച്ചിട്ട് കണ്ടെത്തണം യാവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ജനിക്കുമ്പോ പ്രസവിക്കുമ്പോ തന്നിലുള്ള ഗുഹ്യമായി ഗൂഢമായി കിടക്കുന്ന മാതൃത്വം വെളിയിലേക്ക് വരുന്നത് കാണുകയാണ് അതാണ് ആ സ്ത്രീകൾക്ക് അതിനോട് വല്ലാത്തൊരു പറ്റ് അമ്മയാവണം അമ്മയാവണം എന്നൊരു തോന്നൽ വരാൻ കാരണം എന്താ അത് അമ്മയാവാൻ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എന്തോ ഒരു അവരുടെ ഉള്ളിൽ തൽക്കാലത്തേക്ക് വരണതുകൊണ്ടാണ് ആ പൂർണ്ണതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ഇതെന്റെ കുട്ടിയാണെന്നും ഞാൻ ഇതിന്റെ അമ്മയാണെന്നും ഒക്കെ ഈ ഐഡന്റിഫിക്കേഷൻ കാരണം നഷ്ടപ്പെടുത്തി കളയാണ് ചാൻസ് അതാണ് വേദം പറയണത് പത്ത് പ്രസവിച്ചിട്ടെങ്കിലും ഭർത്താവിനെ മകനാക്കൂ എന്നാണ് ആശീർവാദം കൊടുക്കുന്നത് അങ്ങനെയാണ് ച്ചാൽ പത്ത് പ്രസവിക്കണം എന്നല്ല അർത്ഥം ആളുകൾ കുറ്റവാക്കി കിടക്കും അങ്ങനെ ചെയ്ത പത്ത് പ്രസവിച്ചിട്ടെങ്കിലും ഭർത്താവിനെ മകനാക്കൂ എന്നാണ് എന്ന് അവസാനം ഭർത്താവിനോട് നിനക്ക് മാതൃത്വം തോന്നണമെന്നാണ് പുത്രാൻ ദശാസ്യാ ആധേഹി അതിം ഏകാദശം കൃതി പതിയെ പതിനൊന്നാമത്തെ മകനാക്കി തീർക്കുന്ന പറയണം അപ്പൊ മാതൃത്വം കാരുണ്യത്തിന്റെ ആവിർഭാവമാണ് മഹാത്മാക്കൾക്ക് കാരുണ്യം വരണത് അവര് അവരുടെ കൺട്രോളില്ല അവരെയും അതിക്രമിച്ചുകൊണ്ട് ഈശ്വരത്വം ആവിർഭവിക്കലാണ് അപ്പൊ അദ്വേഷ്ടവഭൂതാനാം മൈത്ര കരുണയേവച് കാരുണ്യം കാരുണ്യം ഒരു ക്വാളിറ്റിയല്ല കാരുണ്യം തന്നെ ഭഗവാനാണ് മൈത്രിഭാവം തന്നെ ഭഗവാനാണ് ഈശ്വരൻ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് തത്വജ്ഞാനിക്ക് സ്യാദ് ഈശ്വരദേഹ സമ്പർക്ക ഈശ്വരശരീരസമ്പർക്ക ഒരു ഗുഹ്യമായ വാക്കങ്ങനെ പ്രയോഗിച്ചിട്ട് വിടുകയാണ് ഭാഷ്യത്തിൽ ഒരിടത്ത് സ്യാദ് ഈശ്വര ശരീര സമ്പർക്ക എന്നാണ് ഈശ്വര ശരീരമാണ് ഈ ഗുണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ അദ്വേഷ്ട്രത്വാദി ധർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ആ കാരുണ്യം ഇയാളിൽ ആവിർഭവിക്കാണ് ബൃഹധാരണികശ്യത്തിലോ മറ്റാണ് വരേണ്ടത് അത് ആവിർഭവിക്കുമ്പോൾ കരുണയെ വച്ച് നിർമ്മമോ നിരഹങ്കാര മമതയുമില്ല ഇത് രണ്ടും ഈ ജീവാഹന്തയുടെ മൊനമ്പുകളാണ് അഹന്തയും മമത്തെയും അഹന്തയും പോയി മമത്തെയും പോയി പിന്നെ അവിടെ എന്തുണ്ട് എങ്ങനെ ജീവിക്കും അയാൾ ജീവിക്കണില്ല അഹന്തയും മമതയും ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നൊരാൾക്ക് ചോദിക്കാം അയാൾ ജീവിക്കണില്ല പിന്നെയോ അയാളിലൂടെ ഭഗവാനാണ് ജീവിക്കുന്നത് ഒരു മഹാശക്തി ആ ശരീരത്തിനെ പിടിച്ചെടുത്ത് തന്റെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താണ് അപ്പോഴാണ് കാരുണ്യവും മൈത്രിഭാവവും ഇതൊക്കെ പ്രകാശിക്കണത് സ്വാർത്ഥത പോണത്തും അഹന്തയുമില്ല മമത്തെയുമില്ല നിർമ്മമോ നിരഹങ്കാര അഹന്തയുമില്ല മമത്തെയുമില്ല സമദുഖസുഖക്ഷമീ സുഖമായാലും ശരി ദുഃഖമായാലും ശരി സമം എന്താന്ന് വെച്ചാൽ സുഖത്തിനെ ആസ്വദിക്കുകയും ദുഃഖത്തിനെ വെറുക്കുകയും ചെയ്യുന്ന അഹന്ത അവിടുന്ന് പോയപ്പോ തന്നെ രണ്ട് സമയം അഹന്തയുള്ളവരെ നമ്മൾ എന്തൊക്കെ തന്നെ ഗീത പഠിച്ചാലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ സമമായിരിക്കണം എന്ന് പറയുമ്പോ ഒക്കെ പറയാം സുഖം മുമ്പിൽ വരുമ്പോ പതുക്കത്തുള്ളുമുള്ളില് ദുഃഖം വരുമ്പോ വശമുണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും ഗീതയൊന്നും പ്രയോജനപ്പെടില്ല അതൊക്കെ പഠിച്ചൊന്നും പ്രയോജനപ്പെടില്ല അതാണ് പറയുന്നത് സെന്ററി അഹങ്കാരാണോ അതിന്റെ സ്വരൂപത്തിന് നല്ല അഹ ഉരുവൈ മുന്നീർ നദി പോലുമോയുമേ ഉൻകൻ അരുണാചലനെ ഓർ നമ്മൾ ഭഗവാൻ പറഞ്ഞു എപ്പോഴാ ഭഗവാനിൽ നമ്മള് പൂർണ്ണമായി ലയിക്കുക അഹ ഉരുവൈ നൻക് അറിന്ത് ഈ അഹന്ത അഹങ്കാരം എന്താണ് ഉദിക്കുന്നു എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അതിന്റെ മൂലാന്വേഷണം ചെയ്ത് അറിയണവരെ അത് നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും എന്തൊക്കെ അറിഞ്ഞാലും കാര്യത്തിൽ വരുമ്പോ അയാൾ അയാളുടെ സാമ്രാജ്യം കാട്ടും ഞാനാണ് നടത്തുന്നത് ആ അഹങ്കാരം അവിടുന്ന് നിശേഷം പോയാൽ അതാണ് ശ്രീരാമചന്ദ്രൻ വശിഷ്ഠനോട് പറഞ്ഞത് അഹങ്കാരവശാദാപത് അഹങ്കാരാ ദുരാദയ അഹങ്കാരവശാദീഹ ന അഹങ്കാരാത് പരോരിപുഹു അപ്പോ നിർമോ നിരഹങ്ക എന്റേതെന്നുള്ളത് ഭക്തിയിൽ ആദ്യം പോണത് മമതയാണ് പിന്നെയാണ് അഹന്ത അഹന്ത സാത്വികമായി കുറച്ചു കാലം നിൽക്കും ഭഗവാൻ ഭക്തി ചെയ്യുന്നവന് പക്ഷെ മമത ആദ്യമേ പോയി പോകും എന്റെ ഒന്നുമില്ല ഒക്കെ ഭഗവാന്റെ ആട് എല്ലാരും ആസ്വദിക്കട്ടെ ഭക്തന്മാരെയൊക്കെ കാണുമ്പോ ഇവരൊക്കെ നമ്മളുടെ ആണ് നമുക്ക് തോന്നുകയാണ് ഭക്തനും മൈത്രിഭാവം ഭക്തന്മാർക്കാണ് ഈ മൈത്രിഭാവേ ജ്ഞാനമാർഗത്തിൽ പോകും തോറും തനിയെ തനിയെ തനിയെ പോയിക്കൊണ്ടിരിക്കും ഏകാന്തത്തിൽ പോവും ഭക്തിമാർഗത്തിൽ വരുമ്പോ കൂടിക്കൂടി കൂടി ചേർന്ന് ചേർന്ന് എല്ലാവരുടെ കൂടെയൊക്കെ വരും എല്ലാരും ചേർന്ന് ആസ്വദിക്കാനും ജ്ഞാനമാർഗത്തിലെ ഏകാന്തത്തിൽ പോകുന്നു പറഞ്ഞ സ്വാർത്ഥത കൊണ്ടല്ല അയാൾക്ക് അന്യം ഒന്നുമില്ലാതായി പോവുകയാണ് അതുകൊണ്ട് അയാൾ ഏകാന്തത്തിൽ ഇരുന്നാലും ലോകത്തിന് മുഴുവൻ മംഗളാണ് അതുകൊണ്ട് ഭക്തന് എല്ലാവരും വേണം പറഞ്ഞ് ആസ്വദിക്കണം കഥകൾ പറയണം സങ്കീർത്തനം ചെയ്യണം ഭക്തന്മാരുടെ കൂട്ട് വേണം പരസ്പരം പറഞ്ഞ് പറഞ്ഞ് കഥയന്ത ശമാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച് സ്മരന്തോ സ്മാരയന്തശമിത്തോ അഘോ ഗഹരം ഹരിം ഭക്ത്യാ സഞ്ചാതയാ ഭക്യാ വിഭ്രതി ഉത്പുളകാം തനും അതൊക്കെ ഭക്തിമാർഗത്തിന്റെ രസമാണ് അപ്പൊ മമതയും പോയി അഹന്തെയും പോയി കഴിഞ്ഞ് സമദുഖ സുഖക്ഷമി സുഖം ദുഃഖമൊക്കെ അവന് സമമായിട്ട് തീരാണ് സുഖം വന്നാലും ഓ ഭഗവാന്റെ പ്രസാദം ദുഃഖം വന്നാലും ഭഗവാന്റെ പ്രസാദം നമ്മള് പ്രസാദം വാങ്ങി കഴിക്കുമ്പോ അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോ നല്ല സ്വാദായിട്ട് വലുതൊക്കെ കൊടുക്കുമ്പോ ഭഗവാന്റെ പ്രസാദം അല്ലെ ദുഃഖം വരുമ്പോഴോ ഗുരുവായിരിപ്പൻ എന്താ അങ്ങനെ ചെയ്തത് ഞാൻ എന്തൊക്കെ ചെയ്തു നാമം ജപിച്ചു നാരായണീയും ജപി പാരായണം എന്നിട്ടും ഇങ്ങനെ ഈ കലികാലത്തിൽ അങ്ങനെയാണ് ഈശ്വര വിശ്വാസമില്ലാത്തവരാണ് നന്നായിട്ടിരിക്കുക ഇതൊക്കെ നമുക്ക് ഇത്തിരി ദുഃഖം വരുമ്പോ കാണാം നമ്മളുടെ കർത്തൃത്വവും ഒക്കെ തല പുറത്തിടുന്നത് നമ്മളെ നമ്മളുടെ കണക്ക് എത്ര സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒക്കെ വരും എത്ര നാമം ജപിച്ചു എത്ര നാരായണിയും പാരായണം ചെയ്തു എത്ര ഭാഗവതം ചൊല്ലി ഒക്കെ പുറത്തു വരും കണക്കെടുത്ത് ഭഗവാന്റെ മുമ്പിൽ നിരത്തും എന്തൊക്കെ ചെയ്തു ഞാൻ എന്നിട്ടാണിപ്പോ ഈ തലവേദന എന്നത് സുഖക്ഷമി സുഖം വന്നാലും ശരി എന്ത് വേണമെങ്കിൽ എന്നാണ് നീ ഭഗവാനോട് ഭക്തനെ പറയാ ഭക്തന്റെ ധീരത എവിടെയാണ് നീ എന്നെ എപ്പോ ആൾക്കൊണ്ടുവോ അപ്പൊ ഞാൻ നിന്റെ ആണ് എണ്ണം യെതുവോ അത് ചെയ്യുവായി ഒരു ഭക്തൻ പറഞ്ഞു നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്തോളുവാ എന്നെ വെട്ട് കുത്തേ എന്നെ രാജാവാക്ക് ദരിദ്രനാക്കേ എന്റേത് എനിക്കൊന്നും പറയാനില്ല നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളു यद् भव्यम भगवत भगवर्मापम पूर्वकर्मापम कुलशेखराा वे चीत यद्यंतु भगवकर्मापृत्यवृत्यपरचारक वृत्वृत्यवृत्स भृत्यं स्मरलोकनाथ ഞാൻ നിനക്ക് ദാസനാണ് നീ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ വെട്ട് കുത്ത് എന്ത് വേണമെങ്കിൽ തരും എന്ത് വിഷമം വേണമെങ്കിൽ തരും എന്ത് ദുഃഖം വേണമെങ്കിൽ തരും കംപ്ലയിന്റേ ഇല്ല എന്നത് സമതു സുഖക്ഷമീ ബാക്കിയൊക്കെ ഭക്തലക്ഷണങ്ങൾ നമ്മൾ നാളെ കാണും നാളെ ഇതൊക്കെ പറഞ്ഞു പൂർത്തി നാളെ രാവിലെ പതിവ് പ്രഭാഷണം രാവിലെ ഏഴ് മുതൽ എട്ട് വരെ മറ്റന്നാളെ രാവിലെ മുതൽ ലളിതമഹൽ ഹാളിനാണ് മറ്റന്നാൾ രാവിലെ ഏഴ് മുതൽ എട്ട് വരെ രാവിലെ തുടങ്ങും ഒരു ദിവസം ലളിതമഹ് അരുണാചല അക്ഷരപണമാല പ്രഭാഷണമുണ്ട് ഇത് തുടർന്ന് നാല് ദിവസം നാളെ ഇവിടെ വൈകുന്നേരം പൂർത്തിയാകുക ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരി ഹരേ ഹരേ കൃഷ്ണ യോ മതി വ തോന്നം മമ കിഞ്ചി അതിയേഷ്ടം കൂർവാം തഥൈ Atmanatham Ramanam ഭജാമി